വേദക്കാരിലെ ഒരു വിഭാഗം പറഞ്ഞു വിശ്വസിച്ചവർക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യത്തിൽ പകൽ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുകയും അതിന്റെ അവസാനത്തിൽ അത് നിഷേധിക്കുകയും ചെയ്യുക ചിലപ്പോൾ അവർ വിശ്വാസത്തിലേക്കു മടങ്ങി വന്നേക്കാം